അവരിലെ ചില വിഭാഗങ്ങൾക്ക് ഐഹിക ജീവിതത്തിലെ മോഹങ്ങൾക്കായി നാം നൽകിയ സൗകര്യങ്ങളിലേക്ക് നീ നിന്റെ കണ്ണുകൾ നീട്ടരുത് അതിലൂടെ അവരെ പരീക്ഷിക്കാൻ വേണ്ടിയാണത് നിന്റെ രക്ഷിതാവ് നൽകുന്ന ഉപജീവനമാണ് ഏറ്റവും ഉത്തമവും ശാശ്വതവും